ഓ ആദം അലൈഹിസലാം നീയും നിന്റെ പങ്കാളിയും സ്വർഗ്ഗത്തിൽ വസിക്കുവീൻ നിങ്ങൾക്കിഷ്ടമുള്ളിടത്തുനിന്ന് നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുവീൻ എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് എങ്കിൽ നിങ്ങൾ അക്രമികളിൽപ്പെട്ടവരായിത്തീരും